യൂണിറ്റ് സെവൻ ലെസൺ ട്വന്റി എയ്റ്റ് കാണണം വേഗം നടക്കു സുഖ സമയമായി നാടകം തുടങ്ങാൻ ഇനി അധിക സമയമില്ല ചേട്ടന്റെ അത്രയും വേഗം നടക്കാൻ എനിക്ക് വയ്യ ചേട്ടന്റെ കാലുകളുടെ അത്ര നീളം എന്റെ കാലുകൾക്കില്ലല്ലോ അത് കൊള്ളാം നിനക്ക് വർത്തമാനം പറയാനൊക്കെ അറിയാം അല്ലെ മിടുക്കം തന്നെ എന്നാൽ ഒരു കാര്യം ചെയ്യാം നീ തനിച്ചു പോ ഞാൻ നാടകത്തിനില്ല എനിക്ക് വേറൊരിടത്ത് പോകാനുണ്ട് ഇത്ര വേഗം പിണക്കമോ ചേട്ടന് മൂക്കിന്റെ തുമ്പിലാണ് ദേഷ്യമല്ല പിന്നേം തർക്കം തന്നെയാണല്ലോ അല്ല ചേട്ടാ നമുക്ക് വഴക്ക് കൂടണ്ട നാടകത്തിന് പോകാം ഈ നാടകത്തിലെ രാജാവിന്റെ ഭാഗം വളരെ നല്ലതാണത്രേ അപ്പോ ഇതൊരു പുരാണ കഥയാണ് അങ്ങനെ വരട്ടെ അതാണ് നിനക്ക് ഇത്ര കമ്പം പക്ഷേ എനിക്ക് ഈ നാടകം കാണാൻ ഇഷ്ടമില്ല രാജാവിന്റെയും റാണിയുടെയും കഥയൊന്നും എനിക്ക് ഇഷ്ടമില്ല പിന്നെ ഞാൻ തനിച്ചു പോട്ടോ നിനക്ക് ഒറ്റക്ക് പോകാമോ രാത്രി ഒറ്റയ്ക്ക് നടക്കാൻ നിനക്ക് പേടിയില്ലേ അതുകൊണ്ട് നീ തനിച്ച് പോകാൻ പാടില്ല നീ ഇവിടെ നിൽക്ക് ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ വിളിക്കട്ടെ നിനക്ക് അവൻറെ അനിയന്റെ കൂടെ ഈ നാടകത്തിന് പോകാം അങ്ങനെ ആരുടെ കൂടെ പോകാൻ പാടുണ്ടോ അതിന് അനുവാദം വേണ്ടേ നിന്റെ ഉപദേശമൊന്നും തൽക്കാലം ആവശ്യമില്ല കാര്യം പറ നിനക്ക് ഈ നാടകം കാണണോ വേണ്ടയോ കാണോ ശരി അതിന് നമുക്ക് വഴിയുണ്ടാക്കാം നീ ഇവിടെ നിൽക്ക് ഈ നടു അങ്ങോട്ട് നോക്ക് ആ മരത്തിന്റെ ചോട്ടിലോട്ട് നിൽക്ക് ഞാൻ രാമചന്ദ്രനെ ഒന്ന് വിളിക്കട്ടെ അതാ അതാണ് അവന്റെ വീട് ശരി പക്ഷേ ചേട്ടൻ വേഗം വരണം എനിക്ക് തനിയെ നിൽക്കാൻ പേടിയാണ് ഇതാണോ നിന്റെ കേമത്തം ശരി നീ കൂടവാ നമുക്ക് അങ്ങോട്ട് പോകാം ലിസൺ ആൻഡ് റിപ്പീറ്റ് വേഗം നടക്കു സുഖു വേഗം നടക്കു സുഖോ സമയമായി സമയമായി നാടകം തുടങ്ങാൻ ഇനി അധിക സമയമില്ല ചേട്ടന്റെ അത്രയും എനിക്ക് വയ്യ ചേട്ടന്റെ അത്രയും വേഗം നടക്കാൻ എനിക്ക് വയ്യ ചേട്ടന്റെ കാലുകളുടെ അത്ര നീളം എന്റെ കാലുകൾക്കില്ലല്ലോ ചേട്ടന്റെ കാലുകളുടെ അത്ര നീളം എന്റെ കാലുകൾക്കില്ലല്ലോ അതുകൊള്ളാം അപ്പോ നിനക്ക് വർത്തമാനം പറയാനൊക്കെ അറിയാം അല്ലെ അതുകൊള്ളാം അപ്പോ നിനക്ക് വർത്തമാനം പറയാനൊക്കെ അറിയാം അല്ലെ മിടുക്കൻ തന്നെ മിടുക്കൻ തന്നെ എന്നാൽ ഒരു കാര്യം ചെയ്യാം എന്നാൽ ഒരു കാര്യം ചെയ്യാം നീ തനിച്ചു പോ തനിച്ചു പോ ഞാൻ നാടകത്തിനില്ല ഞാൻ നാടകത്തിനില്ല എനിക്ക് വേറൊരിടത്ത് പോകാനുണ്ട് എനിക്ക് വേറൊരിടത്ത് പോകാനുണ്ട് ഇത്ര വേഗം പിണക്കമോ ഇത്ര വേഗം പിണക്കമോ ചേട്ടനെ മോക്കിന്റെ തുമ്പിലാണ് ദേഷ്യമല്ല ചേട്ടന് മൂക്കിന്റെ തുമ്പിലാണ് ദേഷ്യമല്ല പിന്നെയും തർക്കം തന്നെയാണല്ലോ പിന്നെയും തർക്കം തന്നെയാണല്ലോ അല്ല ചേട്ടാ അല്ല ചേട്ടാ നമുക്ക് വഴക്ക് കൂടണ്ട നമുക്ക് വഴക്ക് കൂടണ്ട ത്തിന് പോകാം നാടകത്തിന് പോകാം ഈ നാടകത്തിലെ രാജാവിന്റെ ഭാഗം വളരെ നല്ലതാണത്രെ ഈ നാടകത്തിലെ രാജാവിന്റെ ഭാഗം വളരെ നല്ലതാണത്രെ അപ്പോ ഇതൊരു പുരാണ കഥയാണ് അപ്പോ ഇതൊരു പുരാണ കഥയാണ് അങ്ങനെ വരട്ടെ അതാണ് നിനക്കിത്ര കമ്പം അങ്ങനെ വരട്ടെ അതാണ് നിനക്ക് ഇത്ര കമ്പം പക്ഷേ എനിക്ക് നാടകം കാണാൻ ഇഷ്ടമില്ല പക്ഷേ എനിക്ക് ഈ നാടകം കാണാൻ ഇഷ്ടമില്ല രാജാവിന്റെയും റാണിയുടെയും കഥയൊന്നും എനിക്കിഷ്ടമില്ല രാജാവിന്റെയും റാണിയുടെയും കഥയൊന്നും എനിക്കിഷ്ടമില്ല പിന്നെ ഞാൻ തനിച്ചുപോട്ടോ പിന്നെ ഞാൻ തനിച്ചുപോട്ടോ നിനക്ക് ഒറ്റക്ക് പോകാമോ നിനക്ക് ഒറ്റയ്ക്ക് പോകാമോ രാത്രി ഒറ്റയ്ക്ക് നടക്കാൻ നിനക്ക് പേടിയില്ലേ രാത്രി ഒറ്റയ്ക്ക് നടക്കാൻ നിനക്ക് പേടിയില്ലേ അതുകൊണ്ട് ീ തനിച്ചു പോകാൻ പാടില്ല അതുകൊണ്ട് നീ തനിച്ചു പോകാൻ പാടില്ല നീ ഇവിടെ നിൽക്ക് നീ ഇവിടെ നിൽക്ക് ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ വിളിക്കട്ടെ ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ വിളിക്കട്ടെ നിനക്ക് അവന്റെ അനിയന്റെ കൂടെ ഈ നാടകത്തിന് പോകാം നിനക്ക് അവന്റെ അനിയന്റെ കൂടെ ഈ നാടകത്തിന് പോകാം അങ്ങനെ ആരുടെ കൂടെയെങ്കിലും പോകാൻ പാടുണ്ടോ അങ്ങനെ ആരുടെ കൂടെയെങ്കിലും പോകാൻ പാടുണ്ടോ അതിന് അമ്മയുടെ അനുവാദം വേണ്ടേ അതിന് അമ്മയുടെ അനുവാദം വേണ്ടേ നിന്റെ ഉപദേശമൊന്നും തൽക്കാലം ആവശ്യമില്ല നിന്റെ ഉപദേശമൊന്നും തൽക്കാലം ആവശ്യമില്ല കാര്യം പറ കാര്യം പറ നിനക്ക് ഈ നാടകം കാണണോ വേണ്ടയോ നിനക്ക് ീ നാടകം കാണണോ വേണ്ടയോ കാളണം ശരി അതിന് നമുക്ക് വഴിയുണ്ടാക്കാം ശരി അതിന് നമുക്ക് വഴിയുണ്ടാക്കാം നീ ഇവിടെ നിൽക്ക് നീ ഇവിടെ നിൽക്ക് ഈ നടു റോഡിലോ ഈ നടു റോഡിലോ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് ആ മരത്തിന്റെ ചോട്ടിലോട്ട് നിൽക്ക് ആ മരത്തിന്റെ ചോട്ടിലോട്ട് നിൽക്ക് ഞാൻ രാമചന്ദ്രനെ ഒന്ന് വിളിക്കട്ടെ ഞാൻ രാമചന്ദ്രനെ ഒന്ന് വിളിക്കട്ടെ അദാ അതാണ് അവന്റെ വീട് അതാ അതാണ് അവന്റെ വീട് ശരി പക്ഷേ ചേട്ടൻ വേഗം വരണം ശരി പക്ഷേ ചേട്ടൻ വേഗം വരണം എനിക്ക് തനിയെ നിൽക്കാൻ പേടിയാണ് എനിക്ക് തനിയെ നിൽക്കാൻ പേടിയാണ് ഇതാണോ നിന്റെ കേമത്വം ഇതാണോ നിന്റെ കേമത്വം ശരി നീയും കൂടവാ ോട്ട് പോകാം ശരി നീയും കൂടവ, നമുക്ക് അങ്ങോട്ട് പോകാം